ം ആദത്താംൂർമയംശയോഗ്യോതിഷാംൽംയാഞ്ജലിയോ ഉം േ യോംപം ദൃഢപത പ്രബന്ദ്ധയാ ശുതവത്യാ ഭക്തൃ മനേകായ വൈരാഗ്യപരേനീടം ജന്മസ്ഥി സംയമാർ ൂഢടാ ദുരാഗ്രഹാ വസോമത്തെ ഭഗവത് പദാ താൻവൈ ഹ്യസവൃത്തിരക്ഷി പരാഹൃതന്ത പരേശ അതോതശ്യന്തായൂനം യുദ്ധ പദനയാസവിലാസലക്ഷ്മ്യ പാനേണ തേ ദ കഥാ പ്രവൃത്തഭക്തൃശദയാ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം അന്യസന്കുണ്ഡനിഷ്ടം തധാത്മസമാധി യോഗ ജിവാഗതി ബലിഷ്ട ത്മേ ധീരാ പുരുഷം വിശത്തി സമസ്യം നീ തത്യം ലോകസൃഷ്ടേ അഭ്യക്തയാമ വിസ്മ സേ വിയുക്തം ശക്തവീതി യാവലിം തേജഹരാമ കാലേ യഥാവം ചാന്നമയത്ര യഥോ വൈഷം തമേഹ തൈമേഹാ ബലിംഹരം അനൂഹ ണാമുനം പുരാണ ദേവശക്യാം ഗുണകർമിയം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുടരാം നാലര കഴിഞ്ഞ് narayan narayan narayan narayana narayan narayan narayan narayana narayan narayan narayan narayana narayan narayan narayan narayana narayan narayan narayan narayana narayan ഗോവിന്ദമ സങ്കീർത്തോവിരം കരവിരാജിതചക്ശംഖ കൗമോദഗീസരസിജം കരുണാ സമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദവാതേശം അനിശം ഹൃദി ഭാവയാമി ീഗുരുവായുരപ്പ ശരണം കഥമയം ഭാഗവതാഭിതരേ തേ ചരിതൈസ് യഥാതി ത്വൽപരിതോഷ കാമസ്തൗമി പ്രസീദ്യുതമാരുശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീർഷിരുവാച ഇതി താസം സ്വശക്തീനം സതീ നമ സമേ പ്രസുപ്തലോകതന്ത്രണം കളസഞ്ജാ ദീം ബിഭ്രച്ഛക്തിരുമ ത്രയോതി തന്നശൽ സോനുപവിഷ്ടോ ഭഗവാണ തങ്കണം ഭി സംയോജയാമാസുപ്ത പ്രബോധയൻ പ്രബുദ്ധകർമാന ത്രയോശതികോ ഗണ പ്രേരിതോ ജനയൽ സ്വാഭിപുരുഷ പരേണ വിശദമാത്രയാസൃഗണ ചുക്ഷോഭാനുമാരാ ഹിരൺമസ്സപുരുഷസ്രവരിവത്സരാൻ ആന്ദഗോശുബം സവൈ വിശ്വസൃാ ഗർഭോയർമാത്മശക്തിമാൻ വിബാജ്ത്മനാത്മാനമേകാരോ യൂതഗ്രാമോ വിഭാവയത്തെ ത്മസാധി ദൂതരാണോ വിധയൻ വിശ്വസാമീശോക്ഷൽ സ്വയനേജ സൈഷാ വിവൃത്തരഭിന്തേവാ താഗതശൃണു തനി രാസ്യം നിർഭി ലോകപലോ വിഷൽ പദം വാചാ സ്വാംശയ വക്തൃംയാ പ്രതിപദ്ദേണോ ലോകപാൽ വിശദമായി ജിഹ് ചര സംയസൗ പ്രതിപദ്ദേ അശ്വിനൗ നാസേ വിഷ്ണോരാമദേശന്ധസ് പ്രതിപത്തിരീയോ ഭവേൽ നിർഭി അക്ഷിണീ ത്വഷ്ടാ ലോകപോ വിശദ്വിഭോ ചക്ഷുഷാശേന രുപണം പ്രതിപത്തിരിയതോ ഭവൽ നിർഭിസർമാണി ലോകപാലോ നിലോ വിശൽ പ്രാണേശേനൗ പ്രതിപർണാവ നിർഭിഷ്യം സ്വം വിവിശുർത്തിഷ ശ്രോത്ര ശബ്ദ സിദ്ധി യന് പ്രപദ്ധ്യത ത്വജമസർ വിശുദ്ധിഷ്യമോഷധീ അംശേന രോമഭൂം യൈരസൗ പ്രതിപദ്ധ്യത്തെ മേഭ്രന്ദസ്യഭി സ്വധിഷ്യം കൗവാവിശൽ റെേതസാം ശയനയേനസാവാനന്ദം പ്രതിപദ്ദംബുസോ വിഭിന് മിത്രോകലോകേശാ വിശൽ പായു നേന വിസർഗം പ്രതിപ്യത ഹസ്ത വിനർഭിന്ന സ്വർപതിരാവിശൽ വർത്തപുരുഷോയയാവൃത്തി പ്രപദ്ധ്യത പാദാവസ്ഥ വിഭി ലോകേശോ വിഷ്ണുരാവിശൽ ഗുവാംശേന പുരുഷാ യഥാപ്യ പ്രപദ്ധ്യത ബുദ്ധിംസം വാഗീശോധിഷ്യമാവിശൽ ബോധേന ശന ബോദ്ധവ്യ പ്രതിപത്തിരിയഥോ ഭവേൽ ഹൃദയഞ്ചാസ് നിർഭിഞ്ച്രമാധിഷ്യമാവിശൽ മനസംശനേനോ വിക്യാം പ്രതിപദ്ത ആത്മാനഞ്ചാർഭിന്നഭിമാനോ വിഷൽ പദം കർമ്മശന യേനസൗ കർത്തം പ്രതിപയത്തെ സ്പഞ്ചാസ് വിർഭി മഹാന്ധിഷ്യമുപാവിശൽ ചിത്തെശനേനോ വിജ്ഞാനം പ്രതിപത്തെ ശീർഷണോസ്യൂർദ്ധരാ പഭയാം ഖം മാഭേരുദപു വൃത്തയോ യു പ്രതീയന് സുരാദയ അത്യന്തിക സത്വന നിവന്ദേവാ പ്രവേദിരേ ധരാമ്രജസ്വഭാവന പണയോ യേജ താർത്ഥീയ സ്വഭാവന ഭഗവന്നിമാശ്രിതോരം വ്യോമയരുദ്രഷണ മുഖത്തോർത്ത ഗുരുദ്ധ യസ്തു ഉന്മുഖവാന് വർന മുഖ്യോ ഭൂൽ ബ്രാഹ്മണോ ഗുരു ബാഹുഭ്യോ വർത്തം യോ ജാതായ വർണ്ണാൻ പൗരുഷ കണ്ട കക്ഷൽ വിഷോ വർന്നോർവോർലോകവൃത്തികരീർവിൈശ്യതുൽഭവോ വർ നൃണാമൽ പദ്ധ്യം ഭഗവതോ യേ പുരാ ശൂദ്രോ യൂർത്തുഷ്യേ ഹരി വർണ്ണ സ്വധർമ്മേണ യജന്തി സ്വഗുരും ഹരിം ശ്രദ്ധയാത്മവിശുദ്ധ്യർം യഥത്തിഭവോ ദർമ്മത്മരുണ കത്തും യോഗമായാബലോദയംയാമ്യഥാമതിയഥ്രുതം കീർത്തിൽക്കിരം അനാഭിതാസതി ൌലേർഗുണവാദമാകൃതം ആത്മനോവിനത്സര സഹസ്രവക്വയാ മോഹിനാത്മവർത്തത്മാന വേദക്ക് മുതേയതോ പ്രാപ്യവർത്തവാചശ്ച മനസാ സഹ അഹ് ജാനേവാസ്മൈ ഭഗവതഭാഗവത്തെ മഹാപുരാണേ പാരമില്ല ീഡായ്മീഡിഷന്യസ്ത്ര ജഗതം നിവൃത്ത അസ്രാക്ഷീ ഭഗവാൻ പ്രത്യാദയ അവിലുപ്തോ സുജീതാര്യം ഭഗവാൻകക്ഷേത്രേഷം പരാമനന്ത സൈത്യജ്യോതിദക്ഷ തത്വജിജ്ഞാസന പ്രത്യാഭഗവ് സ്മയനിഗതസ്മയാ ഭഗവതോമായന വിരുദ്ധതീശ്വര ശ്രീമുക്ത കാർപ്പണ്മതബന്ധനം ഇതർന വിനസാത്യാ പ്രതീത ഉപദ്രവേദന യഥാജലേ ചന്ദ്രമസം ബാജു സത്ോ ഗുണ ദൃശ്യ സന്നദൃഷ്ടത്മനോ ആത്മനോ ഗുണ സ വൈതമൃത്ത് വാസുദേവാനുഗമ്പ്യത്ഭക്തിയോഗേന തിരോധത്തെ യന്രാമോ ദൃഷ്ടാത്മനി പരേഹരോ തലശാ സംസുതേവൃ അശേഷ സംക്ലേശതമം വിധത്തേ ഗുണാനുമാശ്രവണം മുരാരേ കുതപ്പനസ്ഥർ ചരണാരവിന്ദപരാഗ സേവരത്മലബ്ധാശ വിധരുവാചം സംശിന്ന സംശയോമഹിന്ദവ സൂക്ത ഉഭയത്ഭവാൻ മനോമേയംപ്രദാവതി സാധേത് വ്യാഹൃതം വിദ്വൻ ആത്മമായ ഹരി ആഭാദ്യപാഠം തമ്മൂലം വിശ്വമൂലം നേത്ഭി ഇഷ്ടമൂട്ടതമൂലൂകെ ഇഷ്ടബുദ്ധേ പരങ്കട താവൂ സ്വഹമേതേ കൃഷിയത് അതരിതൂചനം അർത്ഥാഭാവം വിനിശ്ചിത പ്രതീരസാം ജാവി യുഷ്ണചരണ സേവയാകംബരാണുതേ യസേവാ ഭഗവതകൂടമുഷ തിരിഭവ പാദയോരാത സേവാ വൈകുണ്ഠപം സഹസ്രാംഗുരുബാഹു യോഗ സവിശം സമാസൃം യശവിധ പ്രാണസൈന്ധരി പുത്രൃ സഹ ഗോത്രജി ആസ്യ പ്രജാപതിന്ധിവൻശം വളർന്ന സർഗസംയു ഗാർഭസ്വേദോദ്ഭൃം ഗുണാവതാരത്യപ്യാശ്രയം സഹത ശ്രീനിവാസശ്രീ വ്യാജ വിക്രമം വർണ്ണശ്രമവിഭാഗശീലസ്വഭാവത ഋഷീണ്ണം കി വേദസജ വികസനം യജ്ഞസ യോഗസ്ഥ പദ പ്രഭൂ നൈഷ്കർമ്മ സജ്ജ്യവത്സ്മൃതം മാഖണ്ഡപഥ വൈഷമ്യം പദലോഹ നിവശനം ഈവശ്യോയശ യാവതിരി ഗുണകർമ്മജർമാർ കാമമോക്ഷാ നിമിത്തവിധതവാർത്ത ദുധസം ശ്രാദ്ധശ്രീവിധം സ്വഗമേജാം ഗൃഹനക്ഷത്രാണോ യം യഖ്യം ശിഷ്യനം പുത്രണങ്കം വത്സല തത്വ ഭഗവതങ്ക്തസംഗസേരൻ കൗസുദനശേരഷ സംസ്ഥാനംരു പരസ്യഞ്ജംയ ഗുരുശിഷ്യ പ്രോജനം നിമോക്തൂരിഭ സങ്കുസാ ഭക്തിർവൈരാ എത്തന്മേ എന്മേ പ്രശദ പ്രശലം ഹരേ കമ്മുൾശ ബ്രൂഹി മേ യ നഷ്ടപോദയ പ്രധാനുരംഗമഭിഷ്യൗവാചം സഭിഷ്ടപുരാണകൾപകാം ൂരുവംശോ യോകപാലോ ഭഗവത് പ്രധാനം ബുഭൂവിധേജിതീർത്തിമാലാം പദേ പദേ നൂതനയീക്ഷണം സോഹം നൃണ്ാംക്ഷുല്യസുഖായ ദുഃഖം മഹൽഗദാനം വിരമായ തസ പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാ സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യ ആസീനമുറ ഭഗവന്തമാദ്യം സംഘം സ്വമേധിഷ്ഠ്യം വാസുദേവമാജലാകലാരുപൃശന്തണോപാനം പദ്ർച്ചിരാജക कि मणि प्रवेग प्रद्योदित उद्धाम प्रद्योदिदाफण सहस्रम प्रोक्त कि भगवे निवृत्ति धर्मा सनल कुमार ്രാം്യംസ്യോ വിവക്ഷണോത്യനുമാവൽയാൽ വേ നിതം വിശമിതം നിദ്രയാമീരിതൃമീലേജയാക്ഷണ സ്വാൽപരഥോ നിരീഹാസോന് ശരീരർതൂക്ഷ്മം ശക്തി മുദീര യാന അവ ആസദ അസ്മിൻ സലീപദേശ്വേ യഥാന രോധാരണരുദ്ധ വീദ്യാ ചതുർയുഗാനാം ച സഹസ്രമപ്സോ സ്വബൻ സ്വയോദീരിതയാ അശ്വശക്രിയാകാലാ കേയാസാദിതകർമതന്ത്രോ ലോകാനബിദാൻ ദൃശേ സ്വദേഹേ തസ്യാർഥ സൂക്ഷ്മാഭിനിവിഷ്ട ദൃഷ്ടേരന്തർഗ്ഗദോർതോ രജസാദനിയാൻ ഗുണേന കാലാനുഗതേന വിദ്ധ സൂക്ഷ്യം സദാ വിദ്ധയദ നാഭിദേശാൽ സ്വല്പകോശ സഹസോദ ദിഷ്ടൽ കാലേനേ കർമപ്രദീപോധനേന അസ്വരോജി ശാതലസലലം വിശാലം വിദ്യോദേന നർകൈ ത്മയോനി തലോക പദ് സൗ എവ വിഷ്ണു പ്രാവീവിശുഭാസം തയ്യം വേദമയോ വിധാ ഭുസ് താരുഹകർണിസ്ഥിതോകമ പശ്യമാന പരിവൃത്തേതരിലേ നിശന്മുഖാ തസ്മാുഗാന്സനൂർ ജലോർമ്ര സലിശമോകം നനമത്ഥാരിയേഷയോ ുതോവാബം അനന്യപ്സോ അസ്തി ഹ്യതസ്ഥധിഷ്ടിതം യത്ര സദാഭാവം സിത്ഥം ഉദ്വീക്ഷതബജ നാടീഭരന്തർജലമാവിശ േ തവൃത്ത പ്രതിലബ്ധകസാദ്യാസനിവർത്തോ നഷീതാരൂഢ സമാധിഗ കാല പുരുഷായുഷാഭി യോഗേന വിരുടഠബോധ സ്വയം തദന്തഹൃദയവഭാദ അപശ്യത പശ്യതയെന്ന പൂർവം മൃണാളരാത ശേഷഭോഗ പര്യങ്കേകം പുരുഷം ശാനം ഫണാദപത്രാധമൂർഗാന്തോയേ പ്രേക്ഷാ ക്ഷിബന്തം ഹരിതോ ബലാദ്രേ സദ്യ പ്രണീവേരുമൂർധ്ന രത്നോ ദൌഷധി സൗമനസ മനസ്സ്രജോ വേണ ഭുജാഘ്രിബാഘ്രേ ആയാമതോ വിസ്തരത സമാനദേഹേന ലോകത്രയ സംഗ്രഹേണ അവിചിത്ര ദിവ്യഭരണം ശുഖാനം കൃതശ്രി ആശ്രിത വേഷം പുംസാംകാമാവിക്തമാർഗേരഭ്യർതാം കാമതു കാഖ്രിപത്മം പ്രദർശയന്തം കൃപയാ നഖേന്ദു അയൂഖ ഭിന്നുലിചാരുപത്രം മുഖേന ലോകാർത്തിഹരസ്മേന പരിസ്ഥുരൽക്കുണ്ടലമണ്ഡിതേന ശോണായുധേനാധരബിംബസ പ്രത്യർഹയന്തം സുനസേന ശുഭ്രുവാ കടംബകിഞ്ഞ്ജൽക്കിശങ്കസാളം മേഖലയാതംബേ ഹാരേണ ഹാരേണ ചാനന്ദധന വൽസാ ശ്രീ വത്സവക്ഷസ്തല വല്ലഭേനാ പരാർത്ഥ കേയൂരമണിപ്രവേഗപരിരസ്ത ദോർദണ്ഡ സഹസ്രശാഗം അവ്യക്തമൂലം भुवനാംഗൃവേന്ദ്ര അഹിന്ദ്രഭോഗേ രധിവീത വത്സം ചരാചരോഗോ ഭഗവൻ മഹേന്ദ്ര മഹേന്ദ്രവന്തം സരിળોപഗൂഢം കിരീട സഹസ്രഗിരിന ശൃംഗമാ വിർഭവൽ കൗസ്തുഭ രത്നഗർഭം നിവീദമാം നായമധു വ്രദശ്രിയാสุ കീർത്തിമയ്യ അവനമാലയാഹരിം സൂര്യേന്ദുവാ യജ്ഞഗമംത്രദാമപേ പരിക്രമൽ പ്രാധനികേർദുരാസ്തദം തർഹേവതന്ന അഭിസരസ്സ രജം ആത്മാനവം ർഗർമ്മീംസർമീഡ്യാത്മാരിപുണേ ജാതോസിചിരാന്നുദേഹഭാജ്യം നായതേ ഭഗവതോ ഗതിരിവദ്യം ന്യത്വദസ്തി ഭഗവന്ന പി തുദ്ധം മായാഗുണം വ്യതികരാദ്യ ദുരുവിഭാസി യബോധരസോദയേന ശന്വർത്തതമസസ്സനുഗ്രഹായ ആദോ ഗൃഹീതമവതാരശതൈകീരം യത് നമഭവനവിരാസം നാഥ പരംപരമായഭവതസ്വരുപമാനന്ദമാത്രമവികൽപ്പവിധവർച്ച പശ്യമി വിശ്വസമേകമ വിശ്വാമാത്മൻഭൂതേന്ദ്രിത്മകമതസ്ഥ ഉപാശ്രിതസ്മി തദ്ദം ഭു വനമംഗളമംഗളായ ധ്യേ സ്മനോ ദർശിത ഉപാസക തസ്മൈ നമോ ഭഗവതേണുവിധേയമതുഭ്യോ ആദൃതോ മരകഭാഗ്ഭരസൽ പ്രസംഗൈ യേതു ത്വീയ ചരണംബുജകോഷഗന്ധം ജിഘ്രന്തി കർണവിവരൈശ്രുതിവാതീതം ഭക്തഗൃഹീതചരണ പരയാം പൈഷി നഥഹൃദയാംബുരുഹാൽ ഭയന്ദ്രണഗേഹ സുഹൃനി ശോകസ്പൃഹാ പരിഭവോ വിപുലശ്ചോഭ താവൻമേത്യസവഗ്രഹ ആർത്തിമൂലിയാവുന്നതേം അഭയം പ്രവൃീതലോക ദൈവനത്തെ തേഹ തധിയോ പ്രസംഗാൽ സർവാശുഭോപന വിമുഖേന്ദ്രി കുറവസുഖലേശലായോഭിഭൂതമനസോ കുശലാ നിശ്വൽ ക്ഷുത്ര ത്രിധാതുരിമാരമാന ശീതോഷവ ൂർഭ സംക്ീതത്തെ ജനൈശ പശ്യേൽ താവുന്ന സംസൃതിരസൗ പ്രതിസ്രമേതൃ ദുഃഖനിവഹം വഹതി കി ദൈവാഹതാർത്ഥരചന ഋഷയോ വിദേവ യുഷ്മ പ്രസംഗ വിമുഖാ ഇഹ സംസരതി രിഭാവിതഹൃത്സരക്ഷിതോ നനുനും വിഭാവയു പ്രണയസേ സദനുഗ്രഹായാധിതസുരഗണൈഹൃതിമൈ യഭൂതയാസ്യൈകോ നജനേഷവ സുഹൃദരാത്മാ പുംസാമോ വിവിധകർമ്മരധരാദ്യൈർദീന ചോഗ്രതപസാവർചര്യ ിത്രൽസ്വരുപൈവധിഷണ പരസ്മൈ വിശോദ്ഭവസ്ഥിതിലയേഷലീലാസം ജരാതർമ്മ വിഡംബനെ വിവശാ ഗൃഹന്തികജന്മ ശമലം സഹസൈ വ്യപാമൃതമൃതം പ്രപദ്ധ്യേം യഞ്ച സ്ഥിത്യുൽവഹേതൂലി ത്രിവാത്മവൃതേകോ ഭഗവതേ ഭു വൃമാ ലോകോ വികർമ്മ നിരതകുശലേ പ്രമത്ശന സ്വേ യസ്താവം സദ്യശ്ചിന്മായ നമോസ്തു തസ്മൈ യസ്മാഭേമ്യഹമപരാർണ്യ്യമധ്യസിത സകല ലോക നമസ്കൃതം തേവേതോ ിമഖായം ജീവയോ നിഷ്വാത്മേച്ഛയാത്മകൃതേതുപരീപ്സയാരതിരപ്പിയവരുദ്ധേ ഭഗവതേ പുരുഷോത്തമാ യോ വിദ്യയാവഹോ വിദശാർഥവൃത്യാദ്രാമുവാഹജരീകൃതലോകയാത്ര അന്തർജലേ ഹി കശിപുഃസ്പര്ശാനുകൂലം ഭീമോർമാലി ജനസുഖം വിവൃണ് യന്നാഭ ണോ യുഗ്രഹേണ തസ്മൈ നമസ്തരസ്ഥയ യോഗനിദ്രാവസാന വികസന് മലിന സോയം സമസ്ത ജഗതം സുഹൃദയ ആത്മാന യന്മൃഡയത്തെ ഭഗവാൻ ഭഗേന തേനീദമനുസ്പൃശത്ത പൂർവദിം പ്രമത പ്രിസൗ എഷ പ്രവന്നോരമയാത്മശക്തൃകരിഷ്യതി ഗുതാരൻ സ്വമ സൃജതോ വിചേദോ യുജീതാതിഹസംഭ പുംസോ വിജാന ശക്തിരഹമാസം അനന്തശക്തേ ം വിചിത്രമി വിവൃണ്ോ മേ മാരിഷീഷ്ടിരാ വിസർഗ സോസാവണോ ഭഗവാൻ വിവൃദ്ധ പ്രേമസ്മത വിജംഭൻ ഉ വിശ്വവിജയാഷാദം മാധ്യാഗിരാപനയതാൽ പുരുഷ പുരാണ ശ്രീമൈത്രേയ ഉവാച സ്വസംഭവം നിശാമ്യം തവോ വിദ്യ സമാധി യുവൻമനോവസ്തുവാ വിരരാമസിന്നവൽ അഥാഭിപ്രേതമന്വീക്ഷ്യ ബ്രഹ്മണോ മധുസൂദന വിഷണ്ണ ചേതസന്ദയ കൽപതികരാംഭസോകംസ്ഥാന വിജ്ഞാന ആത്മന പരിഹിദ്യതമാഗാധയാചാ കശ്മലം ശമയന്വീഭവാൻ ഉച്ചചേദഗർഭാസ്തീം സർഗ ഉദ്യമമാവഹ തന്മയാതം ഹ്യഗ്രേന്മാം മതാശ്രയാം താഭ്യമം തരിഹൃതി ബ്രഹ്മലോകാൻ രക്ഷ്യസാവൃതാത്മനി ലോകേ ചുക്തസമാം തമ്മി ലോകാം സ്ത്രമാത്മന യഭൂതേഷു ദാരുവാഗ്നിവ സ്ഥിതം പ്രതിയക്ഷേതമാം ലോകോ ജ്യാത്ത തശ്മലം യഹിതമാത്മാനം ഭൂതേന്ദ്രിഗുണശവരുപേണ മയോ വേദം പശ്യൻ സ്വരാജ്യമൃക്ഷതി മാനർമ്മവിധാന പ്രജാ ബഹുവേസിത മാ ആത്മാവീത ിത്സയാത്മാേ ദർശി സലി മൂലം പുഷ്കര വിജിന്മത യകർംഗമസ്ം മൽക്കഥാഭ്യുദയാങ്കിതം യാ സ േഷീതോഹമസ്തു ഭദ്ര ന്ദേ ലോകം വിജയേച്ഛയാദസ്തൗഷീർഗുണമയം നിർഗുണംവർണൻ യേ തേന പു നിത്യം സ്തുവാ സ്ത്രോത്രേണ മാം ഭജേന് തയാശു സമ്പ്രസീദേകേശ്വര പൂർത്തേന തവസായജ്ഞർ ദാനയേ പൂർത്തേന തവസായജ്ഞർദാനോ സമാധിം നിശ്രേസം പുംസാം മൽ പ്രീതിസ്ഥത്വവിന്മതം അഹമാത്മാത്മന പ്രേസ്സന്റേസാമപി അതോ മൈരതിരിയൽ പ്രിതമയേനേദമാത്മനത്മാ ആത്മയോ നിന പ്രയാസ്രജേഥ പൂർവം യാശ്ച മയ്യനുശേരദേശ്രീമൈത്രേ ഉചാര തസ് ഏവം ജഗത്സ്രഷ്ട്രേ പ്രധാനപുരുഷേശ്വര വ്യജ്യേദം സ്വയ രുപേണ കഞ്ചന ഭസ്തിരോദേതി ശ്രീമദ്ഭാഗവത്തെ മഹാപുരാണേ പാരമഹംസ്യം സംതൃത ഗവാൻ പൃഷ്ടസ്വയ താൻ വധസ്വാൻ പൂർവേന ശ്രീസുതൗവാചം സഞ്ജൂരിതസ്ത്രൌശാല പ്രീതം പ്രത്യാഘത്താൻ പശ്ചാത് ഹൃദയസ്ഥാന ഭാഗവാ ശ്രീമൈത്രയൗവാച വിരിഞ്ചൂപ്രദീപ്യം വർഷശതം തന്നെ ചിന്തോഷവർം <laughs> ജീവോക ഹുപയ ഹരെ കാഖ്യം ലക്ഷണം ഉപതിഷ്ടമാത്രം സംസ്കൃതം വിഷ്ണുമായ പരിച്ഛിക്തമൂർത്തിന യഥം തീരം പശ്ചാത്തലം സർഗോസ്ത പ്രാകൃതോ വൈകൃതർഗോ ഗുണവൈഷമ്യം ഭൂതസർഗ സതീയസ്തു തന്മാത്രോധ്യ ശക്തിമാം ചതു ഐന്ദ്രിസർഗോ യു ജ്ഞാനകരിക വൈകാരികോ ദിവസർഗാ പഞ്ചമോ എന്മയന്മന ഷ്ടു തമസ സർഗോ യബുദ്ധിഗത പ്രഭോ ഷടിമേ പ്രാഗതസർഗാ വൈകാനിമേ ശൃുരാജഭാജി ജോ ഭഗവതോ ഹരിതമസജ്ഞരോരുവരുഷ പശവശ്ശേമ അവിഷ്ടം ശ്വാൃഗോ വ്യക്രോ മാർജല്ലോ സിംഹകൃഗക്കു ഗോത മകരാധയാ കഥ പടശ്ശേരവാസമല്ലൂകരിഹണ ഹംസസഹസ ചോ ഗോർ കാഗോലുവാസോട്ടരേഖവിതോനൃണംജോധികുഖേ സുഖമാരിണ വൈകദാസേവേ ദിവസർഗസം വൈകാരികോക്തൗമാരസ്തുഭയാത്മയം ദിവസർഗച്ചു പിതരോസുരാ ഗന്ധർവ്വാസ ൃതാം അതപ്പറംക്ഷമൃഷ്ട്രി സമോഹ സങ്കല് മഹർഷിയുടെ ആശ്രമത്തിലെത്തിയ വിദുരന് മൈത്രേ നമസ്കരിച്ച് ചോദിച്ചൊരു പ്രധാന ചോദ്യമുണ്ട് സുഖായ കർമാണി കരോതി ലോകോ നടി സുഖം വാഞ്ഞത് ഉപാരമം വ വിത പോയ തതേവ ദുഃഖം അത് അത്രയുക്തം ഭഗവാൻ വതേന നമുക്ക് വേണ്ടി ചോദിച്ചൊരു ചോദ്യമാണ് ഭഗവാനെ എല്ലാവരും സുഖത്തിനു വേണ്ടി ഓരോ പ്രവൃത്തി എടുക്കുക എല്ലാവരുടെ ലക്ഷ്യം സുഖം തന്നെയാണ് പക്ഷേ ആർക്കും സുഖം കിട്ടുന്നില്ല ആരെങ്കിലും പറയാറുള്ളൂ എനിക്ക് സുഖമാണ് എനിക്ക് സുഖമാണ് പെട്ടെന്ന് ചിലപ്പോൾ തോന്നും സുഖമായി തോന്നും അത് ക്ഷണിക ആനന്ദം അതായത് ക്ഷുദ്രാനന്ദം എന്നാ പറയുക അടുത്തുള്ള നിമിഷത്തിൽ ദുഃഖമായി പോട്ടെ ഈ സുഖം കിട്ടുന്നില്ലെങ്കിൽ വേണ്ട ദുഃഖമൊന്നു കുറഞ്ഞു കിട്ടുന്നുണ്ടോ സുഖമില്ല വേണ്ട ദുഃഖം കുറഞ്ഞാത്തവരെ സുഖമായി പക്ഷെ ദുഃഖം കൂടുകയാണ് സുഖം കിട്ടുന്നുമില്ല ഇതൊരു വൈരുദ്ധ്യമല്ലേ സുഖത്തിന് വേണ്ടി ക്ഷമിക്കുന്നവർക്കാക്കും സുഖം കിട്ടുന്നുമില്ല ദുഃഖമേറി വരികയും ചെയ്യുക എന്താ ഇതിൻ്റെ കാരണം എന്ന് ചോദ്യം ഭൂരിഭാഗം ആളുകളും ഇതിൽപ്പെട്ട ആളുകളാണ് രണ്ട് കൂട്ടറൊക്കെ ഉള്ളൂ സുഖദുഃഖങ്ങളില്ലാത്തവർ ഒന്ന് എല്ലാം അറിയുന്നവർ അവർക്കെല്ലാം അറിയാം സുഖവുമില്ല ദുഃഖവുമില്ല മാത്ര സ്പർശാസ്തു കൗന്തയാ ശീതോഷ്ണ സുഖദുഃഖയോ ഇതറിയാവുന്ന ആളുകളാണ് പിന്നുള്ളത് ഒന്നും അറിയാമ്യത്ത് വരാം അവർക്ക് ചിന്തയേ ഇല്ല അതുകൊണ്ട് സുഖവുമില്ല ദുഃഖവുമില്ല മൃഗപ്രായം പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇനി രണ്ടിൻ്റെ ഏട്ടയിൽപ്പെട്ട നമ്മളെപ്പോലുള്ളവരൊക്കെ കൊച്ചക്കറിയാം എന്നാൽ എല്ലാവരും അറിയാനം ചെയ്യുക അപ്പം നമുക്ക് സുഖവുമുണ്ട് ദുഃഖവും ഉണ്ട് എന്താ കാരണം എന്ന് ചോദിച്ചു നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം അപ്പോൾ മൈത്തേ മഹഷി അവിടെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും മൈത്തേ മഹഷി പറഞ്ഞതൊക്കെ കൂടെ ആലോചിച്ചാൽ അതിൻ്റെ ഉത്തരം ചുരുക്കി എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു ബിന്ദുനു രണ്ടു തരത്തിലുള്ള ജീവിതം നമുക്കുള്ളൂ ഒന്ന് ആധ്യാത്മികം മറ്റൊന്ന് ഭൗതികം ഈ ഭൗതിക ജീവിതത്തിൻ്റെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഭൗതിക ജീവിതം നയിക്കുന്ന ആളുകൾക്ക് മോഹങ്ങളിങ്ങനെ ഏറിയേറി വരും മോഹങ്ങള് സാധിക്കില്ല പലപ്പോഴും ഇനി സാധിച്ചാൽ തന്നെ സന്തോഷമുണ്ടാവില്ല അപ്പം അതിലും വലിയൊരു മോഹമായി അതിലും വലിയ മോഹമായി മോഹങ്ങൾ ഇങ്ങനെ ഏറിയേറി വരിക കടലിലെ തിരമാലകൾ പോലെ ഇപ്പോൾ വന്നു ചെറുത് പുറകെ വന്നു അതിലും വരുന്നത് അതിലും വരുന്നത് എപ്പോഴെങ്കിലും കടലിൽ തിരമാലകൾ ഇല്ലാതെ അവസ്ഥയുണ്ടോ ഇതുപോലെ മനസ്സാകുന്ന കടലിൽ മോഹങ്ങളാകുന്ന തിരമാലകൾ അങ്ങനെ വർദ്ധിക്കും ഈ വർദ്ധിച്ചു വരുമ്പോൾ അതിൻ്റെ കൂടെ സുഖ ദുഃഖങ്ങളും വരും ഏറിയ പങ്കും ദുഃഖമായിരിക്കും സുഖം അല്ല ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഒരു സ്വഭാവം പ്രാണി സുഖ ദുഃഖോത്ഭൂത ഹർഷശോകജാത നൃത്തഗീത വാഴുത്തര ക്ഷേഴുത ആസ്ഫോടത ഹൃഷ്ടരുദിത ഹാഹാ മുഞ്ച മുഞ്ചിയാതി അനേക ശബ്ദകളുമുലീഭൂത മഹാരവോ അയം സംസാരപക്ഷ എന്ന ആചാര്യസ്വാമികൾ കഠോമ ഭാഷത്തിൽ പറയും ദുഃഖവും സുഖവും പൊട്ടിച്ചീരിയും കരച്ചിലും എല്ലാം കൂടെ ചേർന്ന ഒരു ചന്തപ്രയാണ് അപ്പോൾ ഈ ഭൗതിക ജീവിതം നയിക്കുന്ന ആളുകൾക്ക് മോഹം കാരണം ദുഃഖം വർദ്ധിക്കും അപ്പോൾ ഈ ദുഃഖം കുറയാൻ എന്താ മാർഗം ദുഃഖം കുറയാൻ ഈ ഭൗതിക ജീവിതത്തിൻ്റെ മനസ്സിനെ പുലർത്തി കുറച്ച് ആത്മീയത ശീലിക്കുക ആത്മീയത ശീലിച്ചാലും ഭൗതികത പൂർണ്ണമായിട്ട് പോവില്ല സാരമില്ല ക്രമേണ ക്രമേണ ഈ ആത്മീയമായ ശക്തി ഉള്ളവസ്ഥ ആ ചേതന ആ പ്രേരണ കൂടിക്കൂടി വരുമ്പോൾ ഭൗതികമായ മോഹങ്ങൾ കുറഞ്ഞു കുറഞ്ഞു ഇനിയിപ്പോൾ ലാഭമായാലും നഷ്ടമായാലും എനിക്ക് ഒരേ മനോഹസ്ഥയാണെങ്കിലും പ്രിയം അപ്രിയം ഉപേക്ഷ്യം എന്ന മൂന്ന് മനോഭാവമേ നമുക്കുള്ളൂ കിട്ടേണ്ടത് കിട്ടിയാൽ പ്രിയമായി സന്തോഷമായി കിട്ടാത്തവർക്ക് കിട്ടാത്തവർക്ക് അപ്രിയവുമായി ഇനി